ോകളുടെ ദൈവത്തിന്റെ പ്രിയ ശ്രോതാക്കളെ ഞാൻ വി കെൻ ആണ് എന്തുകൊണ്ട് ഞാൻ തന്നെ കഥാപാത്രമായ ഒരു കഥ നിങ്ങൾക്കായി അവതരിപ്പിച്ചുകൂടാ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഡൽഹിയിലെ പത്രപ്രവർത്തനത്തിനും നാട്ടിലെ സാഹിത്യ ഒക്കെ മുമ്പ് പണ്ടൊരു കാലം മലബാർ ദേവസ്വം ബോർഡിൽ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ കാലഘട്ടം എനിക്കും കേരളത്തിനും അന്ന് വളരെ ചെറുപ്പം ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ പലരും ജനിക്കുന്നതിന് മുമ്പുള്ള ആ സുവർണ കാലഘട്ടത്തിലെ എന്റെ തുടിക്കുന്ന ചെറുപ്പം ബോധ്യപ്പെടുത്താനായി ചെറുപ്പക്കാരനായ ഡെൽവി പീറ്ററുടെ ശബ്ദത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നാം ജീവിതത്തിൽ പല കഥാപാത്രങ്ങളെയും കാണുന്നു ഇണങ്ങുകയും ഏറ്റുമുട്ടുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ മറക്കാനാവാത്ത ചിലരുണ്ടാവുമല്ലോ സവിശേഷത കൊണ്ട് നിങ്ങളുടെ കഴുത്തറുത്ത് കളഞ്ഞ ഉശരന്മാർ അത്തരത്തിലൊരാളെയാണ് നിങ്ങൾക്കായി ഇവിടെ ഞാനിപ്പോൾ ഓർക്കുന്നത് ശങ്കരമേനോൻ വി കെ ശബ്ദത്തിലൂടെയാണ് മേനോൻ എന്റെ ഓർമ്മയിലും അതേസമയം ഈ പരിപാടിയിലൂടെ നിങ്ങൾക്ക് മുന്നിലും എത്തുന്നത് ബസ് യാത്രയിൽ വെച്ച് ഈ കഥ തുടങ്ങുന്നു ചന്തപുരാഗങ്ങാ മേ ഇനി ആരെങ്കിലും ഇറങ്ങണ്ടാറെ ഒരു പെരിന്തൽമണ്ണ ആയിമട്ടിക്കോ നിങ്ങൾക്ക് അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങണ്ടേ ഈ സാറിന് സീറ്റ് കൊടുക്കുന്നേ അവിടെ രാത്രി എപ്പോഴെത്തും എൻട്രിയാണ് ടൈം ചെലപ്പോ ആ മണിക്കൂറോ അരമണിക്കൂറോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയെന്ന് വരും ഇങ്ങടെന്തായാലും ആവൂല പകയാ അങ്ങോട്ടാവണ കാര്യം നോക്കിയാ മതി ഏത് ആ തിങ്ങൾ പറയലായി മുട്ടിക്കോ വണ്ടി വകാണെങ്കിലോ നരിയരിച്ചാല് നിങ്ങൾ അതിനെ കാട്ടിക്കൊണ്ട് കൂട്ടേരളിൽ കേറും കേറും കയറിയും ജെന്താ കാരണം ഒരെ ആരപ്പത് പന്തില്ളിക്കണ നേരത്ത് പെണ്ണ് കേട്ടാൻ വരണ ബലേ ഏതണ്ടപ്പത് ഏഹ് കേറാൻ പെരിയപുരണ്ട കൂട്ടോണ്ട നേരെ കളിക്കാൻ വേണ്ടി കേറേ ഒന്ന് കേറുന്നും കാരണം നിങ്ങള് എന്താണോ കേറേനെ ബിസിലി പിടി പെരിയപുരോ ുംണ്ടി മനസ്സിലായി ഓ ഇന്നും ഇല്ല അണ്ണാച്ചി ബുദ്ധിമുട്ടി സമ്പാദിച്ച പണം കൊണ്ട് വന്നു അല്ലേ മനസ്സിലായി അന്നച്ച നല്ല ഏക്ലാസ് കൃഷിനെ ഞാൻ കാണിച്ചും ഓ ഒന്ന് ചവിട്ടാ നിന്നൂടെ കുട്ടി ആ അപ്പൊ എന്താ ഞാൻ പറഞ്ഞു വന്നത് രണ്ടാള് ദേവസ്വ സ്റ്റോപ്പ് നാരന കുട്ടിയോ ഈശ്വരാ കൈയ്യോട് പിടിക്കപ്പെട്ട നിലക്ക് ഞാനൊരു സത്യം പറയാം ഇത് ഞാൻ തന്നെയാണെന്നാണ് എന്റെ ബലമായ വിശ്വാസം എന്താ കഥ എന്നാലും അതിശയം തന്നെ െ എപ്പാട്ടില് വന്ന കാരനെ ഓ ഒന്ന് മിണ്ടാണ്ടിരിക്കണ്ടോ തോക്കി തന്നെ കിടന്നൊരു വെടി ഇന്ന് പറഞ്ഞു എനിക്ക് ടിക്കറ്റ് എഴുതണ്ടേ ഒരു മിനിറ്റ് ടിക്കറ്റ് എഴുതാണ്ടിരുന്ന കൈനു വാദം വരുന്നല്ലോ വാദം വായിക്കോ താനെന്താ തറ പൊരിമുരക്ക് സത്ത് അന്നാച്ചിട്ട് ടിക്കറ്റ് പറയണില്ല തനിക്ക് എന്താടോ അന്നാച്ചോട് ഒരു വാശം അയാളെ ഇൻറ്റൊപ്പം വന്നാളാ മറുപടി അയാളോട് ഞാൻ പറഞ്ഞാളാ കോട്ടെ ചങ്കോട്ടാ വിഡിൻ പൊരിമുരേ ചണ്ട കിട്ടിയ അന്നാച്ചി ഭൂമി വാങ്ങാൻ വന്നല്ലേ ആ വന്തു അപ്പ ഭൂമി വാങ്ങി പോവാ മറ്റു വിഷയത്തിൽ ഒന്ന് തലയുണ്ടാ കുട്ടിയെ ഒന്ന് പെരിന്തൽമണ്ണ വരെ ഒരാളെ കാണാനാ ഒരാളെ കാണാച്ച അത്ര ദൂരം പോരാ കുട്ടിയെ അല്ല അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാവുലോ അത് സൂര്യന്റെ കയ്യിലാണ് ആവും ആവും വിശം എന്തിനാ അപ്പ ഇന്നെ പോണത് നമുക്ക് രാത്രി ദേവസ്വത്തിൽ അങ്ങട്ട് കൂടാ എന്താ രാവിലെ പുലർച്ചക്കങ്ങി പോക്കോളൂ വേണ്ട കൊറേ നടക്കണ്ടേ അപ്പാ പറഞ്ഞു നിങ്ങളൊക്കെ ചെറുപ്പക്കാരല്ലേ കുട്ടിയോളെ അല്ല ടിക്കറ്റ് എടുത്തു എന്നാ ഒരു കാര്യം ചെയ്യാം അതെ കണ്ടേ ഇവിടെ കാണാൻ ആയി ദേവസ്വത്തിന്റെ സ്റ്റോപ്പിൽ രണ്ടാള് കാശിന്റെ കാര്യല്ലേ ഈ ഇരിക്കുന്ന കുട്ടി പെരിന്തൽമണ്ണക്ക് ടിക്കറ്റും കുടിച്ചു ചേർന്നുല്ലോ അതൊപ്പിൽ തട്ടി കഴിക്കുന്ന വെച്ചാ ഒന്നുമില്ല ഈ കുട്ടി പെരിന്തൽമണ്ണിക്ക് ഇല്ല ദേവസ്വ സ്റ്റോപ്പിൽ ഇറങ്ങൂന്ന് നിങ്ങൾ എന്താ കാരണേ വണ്ടിയിൽ കയറി ആളെടുക്കണത് ഇത് ശരിയല്ലേ പറയാലോ അല്ല ചെങ്കോട്ട അപ്പൊ കൂടെയുള്ള ഈ വിദ്വാനം ഒരു സ്വകാര്യം പറയാല്ലോ കുട്ടിയെ തമിഴ്നാട്ടില് പോത്തുവണ്ടി നോക്കണാണോ ഇവിടുന്നേ ഭാര്യയുടെ നിർബന്ധം അച്ചി പറഞ്ഞ പിന്നെ അപ്പീലിട്ടോ ഞാനൊരു പൊതുകാരി പ്രസക്തനാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മേടിച്ചു തരാം കൊറച്ച് ഭൂമി അണ്ണാച്ചി ഞാൻ കൂടെ ആവുമ്പോഴേ ചങ്ങോട്ടിന് അവർക്ക് ബുദ്ധിമുട്ടാകും അണ്ണാച്ചി തങ്ങനില്ലായിരുന്നു കുട്ടിയെ പാടം കണ്ട് ബോധ്യപ്പെട്ട അഡ്വാൻസും തന്ന ആള് സ്ഥലവിടും പിന്നെ റേഷനെ വരൂന്നെങ്ങൂ കുട്ടിയെ അല്ല അത് വേണോ കുട്ടി ഇറങ്ങൂ കുട്ടിറങ്ങാതെ വേഗം ഇറങ്ങി കാരണം നിങ്ങള് ഈ നാരനകുട്ടി നിൽക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ചോ അല്ലച്ച അവൻ കഥയാക്കും പത്രത്തിലെഴുതുന്ന ആളാ ബി എന്ന് കേട്ടിട്ടുണ്ടോ കണ്ടിട്ടേ ഹലോ നിങ്ങളെ ബി കെ സുലൈമാനെ ഭൂമി എങ്കരിക്കാം കേട്ടാം നല്ല തറവാടി തള്ള ഭൂമിയാ എങ്ങനെയുണ്ട് അറി യാർദാ ഇതോടെ മുതലേ നിൽക്കണ അടാ ചങ്കോട്ട കുട്ടിയൊന്നും മിണ്ടരുത് വെറുതെ തലയാട്ടിയാ മതി എന്തെങ്കിലും തന്നാ വാങ്ങണം ആ ആ സോർ അത് വന്ന് നാം മെട്രാസില് അതവട്ടവണ്ടിയെ കട്ടിക്കിട്ട് നടക്കാം ചങ്കോട്ട ഈ പണം നിങ്ങടെ കൊണ്ടാ കുട്ടിയേ യശനും വേദയ്ക്കൊക്കെ സുഖ തന്നെയല്ലേ ഒക്കെ സുഖം തന്നെ അല്ല ഈ പണം അത് കുട്ടി മറന്നേക്കു ഈ പാടം ആരുടെ ചങ്കോട്ട അയാളല്ലേ അഡ്വാൻസ് മേടിക്കേണ്ടത് പാടാരുടെയാണ് പാർക്കറിയ അയ്യോ അപ്പൊ അണ്ണാച്ചി കുട്ടി അണ്ണാച്ചി പാടം വേണമെന്ന് പറഞ്ഞു ഞാൻ പാടം കാണിച്ചു കൊടുത്തു അതെന്റെ തെറ്റ അന്നാച്ചിക്ക് പാടം ഇഷ്ടായി അതന്റെ തെറ്റ അണ്ണാച്ചി കാശു തന്നു അതന്റെ തെറ്റ അയാൾ പിരിച്ചു അത് റേഷൻ അല്ലേ അതെ അപ്പൊ എന്തു പറയും പാടത്തിന്റെ ഓണർ കാലു പറഞ്ഞു പറയും അയ്യോ അണ്ണാച്ചി അപ്പഴന്നെ പിടികൂടില്ലേ കുട്ടി ലീവ് എഴുതി തിരിച്ചു പോയാ പിന്നെ ഞാൻ വിടുന്ന അണ്ണാച്ചി പിടിക്കണത് ഇനി അത്ര പേടിയാച്ചാലും നാരണ കുട്ടി ആ മീശ അങ്ങനെ പഠിച്ചു കളയാ വേണച്ചാ തലി മൊട്ടിട്ടോളൂ അപ്പൊ ഒട്ടും അയാൾ അറിയില്ല ചങ്കോട്ട ഇത് കൊലച്ചതി ആയിപ്പോയി പിടിക്കപ്പെട്ട ഞാനകത്താ കൂട്ടെ വെറുതെ ആയിരിക്കും മദ്രാസിലെ മാട്ടുവണ്ടി വിട്ടിട്ട് അണ്ണാച്ചിപ്പൊ കുട്ടിയെ പിടിക്കാൻ പോലെ കേക്കണ്ടുട്ടി പ്രതിസ്ഥാനത്ത് ഇപ്പഴും ഞാനാണല്ലോ എനിക്ക് പേടിക്കാതെ പറ്റില്ല ചെങ്കോട്ട ഓഹോ ഇതാണോ ചങ്കോട്ടന്റെ മുറി അതെ ഒപായത്തില് മുമ്പില് കുളം കണ്ടില്ലേ ഏത് വേല്യത്തിൽ നിറച്ചു കൊള്ളാം തൊട്ടടുത്തിന്റെ അമ്പലം ഭഗവാൻ അടുത്തുള്ളത് പരാതിപ്പെട്ടി വേറെ വേണ്ടി ചക്കട്ട തമാശ അല്ല എന്റെ കാശിൽ നിന്ന് രണ്ടാളത്തെ ടിക്കറ്റ് എടുത്തത് ശരിയായില്ലാ എനിക്കത് തിരിച്ചു തരണം അതല്ലാതെ തന്നെ പല എന്നെ പ്രതി നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞല്ലോ പത്ത് റുപ്പയുടെ നോട്ട ബാക്കി തരാപ്പം എന്തേലും ഉണ്ടാവുവോ തരുന്നത് ആയിരത്തിന്റെ നോട്ടാണെങ്കിലും ഞാൻ ബാക്കി തരും നീ തമാശ അറിയണോ അല്ല തമാശ അല്ല കാശ് തരണം മനസിലായല്ലോ ആ കാശ് ഓ നീ വല്ലാത്ത കുട്ടിയെ നിളക്ക് കുളിക്കണോ നാരണകുട്ടിയെ വേണം വൈകിട്ടത്ത് കുളിത്തെത്തിക്കാറില്ല ചങ്കോട്ടിന് കുളിക്കണ്ടേ എത്ര വേർത്ത് നാറിയാലും ഞാൻ ഒരു ദിവസം ഒരു നേരെ കുളിക്കൂ ഒരു നേരം ഒരു പുള്ളി മനുഷ്യന് ഞാൻ കുളിച്ചു വരാം എന്നിട്ട് നമുക്ക് അത്താഴം കഴിക്കാം എന്താ ചോട്ടാ ഭയങ്കര വിശപ്പ് കുളി കഴിഞ്ഞാ നല്ലോണം തൊഴുകാ ശിവനാ ശക്തി സ്വരൂപൻ നല്ല ബുദ്ധി തോന്നിക്കണേ എന്ന് പ്രാർത്ഥിക്ക അല്ല ചങ്കോട്ടം തൊഴണല്ലേ ഞാൻ ഇവിടെ ഇരുന്ന് തൊഴും ഭക്തി മനസ്സിലാവേണ്ടേ ഓഹോ കാലും മുഖവും കൂടി കഴുകാതെയോ മനസ്സിനാടാ ശുദ്ധി വേണ്ടത് അമ്മോ ആര ഈ അമ്മു കുക്കാണോ ഏ പിന്നെ ആരാ കഴകക്കാരൻ വാരര മകളാ കൊച്ചുമിടുക്കി അമ്മോ ആ വന്നുവോ അതെ പ്രസാദം മുഴുവൻ അങ്ങോട്ട് കൊണ്ടിരുന്നട്ടോ രാത്രി പെട്ട ഈ മാമനുണ്ട് അമ്മൂന്റെ വീട്ടിലേക്ക് നാളെ കൊണ്ടുപോകട്ടോ എന്താ അത് ചങ്കോട്ട പ്രസാദം എന്ത് പ്രസാദം അപ്പോ പായസോ വിശേഷ ഊണ് കഴിഞ്ഞാ പിന്നെ ഇതൊന്നും എനിക്ക് തിന്നാനാവില്ല എനിക്കിതൊന്നും വേണ്ട അതൊക്കെ ചൊല്ലും ചെറുപ്പല്ല എങ്ങൊക്കെ കല്ലു ദഹിക്കും ഇപ്രായത്തില് അമ്മു എന്താ നിക്കണത് പോയി കൊണ്ടിരു പറന്ന് കേട്ടില്ലേ ഇന്ന് നമ്പൂരാനോടും പറയണട്ടുവോ പ്രസാദം തൊട്ട് പോകരുതെന്ന് മനസ്സിലായോ അമ്മൂനെ ോളു നാരൻകുട്ടി ഇതൊക്കെ കുളിച്ചു വരൂ നരനായി ജനിച്ചു ഭൂമിയിൽ ഈ നരകോ രീതി നടുവിൽ ഞാൻ ഈ നരകത്തും ഈ നരകത്തും എന്നെ കരകേറ്റീടേക്കം ശിവശം ഇതെന്താ ചങ്കു അടച്ചു പൂജോ അപ്പറയ്ക്കോ അവന്റെ ഒരു തമാശ നാരൻകുട്ടിയെ ഈയൊക്കെ ദേവസ്വം ഇൻസ്പെക്ടർ ആയിരുന്നിട്ടും ഇനിക്കൊക്കെ എന്താ ഒരു ഗുണം ഞാൻ എന്തു ചെയ്യണം ചെങ്കോട്ട സഹായിക്കടാ കുട്ടിയെ സഹായിക്കേ അതിനെങ്ങനെയാ സൂര്യ കൊടുത്ത കാശും കൂടി നീ തിരിച്ചു പഠിച്ചില്ലേ തറവാട്ടുകാർ ചെയ്യുവത് നിന്റെ പിശുക്കൻ അമ്മമാര് ആവിട്ടുകാരില്ലേ അയാള് ചെയ്യുവത് അത് കാര്യം വേറെ ചെങ്കോട്ട ഇങ്ങടെ ചമത്ത് കണ്ട് സഹിക്കാൻ കഴിയാതെ ചെയ്തതാണ് അല്ലാതെ കാശ് എനിക്ക് വേണന്ന് വെച്ചിട്ടില്ല ഞാനിപ്പ എന്തു ചമത്തേ കാണിച്ചു വരുന്ന വഴിയിൽ തന്നെ എന്നെ പണയം വെച്ചും പ്രതി ചേർത്തും നിങ്ങൾ നല്ലൊരു തുക അടിച്ചെടുത്തു ആരുടേതൊന്നും നിങ്ങൾക്ക് പോലും അറിയാത്ത ഭൂമി കാണിച്ച് ഏതൊരു തമിഴിന്റെ കയ്യിലിരുന്ന കാശ് ഞാൻ വശം നിങ്ങൾ അടിച്ചെടുത്തു ഓ പോട്ടടാ കുട്ടിയെ പോട്ടെന്നോ ഇനി ഒരു വട്ടം അണ്ണാശി എന്നെ തിരിച്ചറിഞ്ഞാലേ ഞാനാണ് ഒന്നാം പ്രതി അങ്ങനെ ഒന്നും പറ്റില്ല എന്താ ഉറപ്പ് പറഞ്ഞിരുന്നാ നേരം പോവും നമുക്ക് ഊണ് കഴിക്കല്ലേ ഓ ഒരു വിശപ്പ് എത്ര കാലം കൂടിട്ടാന്ന് എന്നെ എന്റെ കിട്ടണത് ഇത്രയും മിണ്ടിയും മിണ്ടാമല്ലോ ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മിണ്ടാം ഊണ് കഴിച്ച് കഴിഞ്ഞാ മിണ്ടാം ഉറങ്ങാൻ കിടക്കുമ്പോ മിണ്ടാം എന്തിന് ഉറക്കത്തിനിടയിൽ മിണ്ടാൻ വരെ ഞാൻ തയ്യാറാണ് ഇപ്പൊ നിങ്ങൾ ചോറു വിളമ്പിൻ ചെക്കൻ തമാശ ഓ ചങ്കോട്ട ഇത് തമാശയല്ല എനിക്ക് വിശപ്പ് അതിന്റെ നെല്ലിപ്പടി കണ്ടു തുടങ്ങി എന്നാ ഇരിക്കേ ഞാനീ നാമഞ്ചൊല്ലാണ് മുഴുവനാക്കട്ടെ അഖണ്ഡനാമവും ഭഗവത് സഹവും ഒക്കെ ഭക്ഷണം കഴിഞ്ഞു ഞാനൊന്ന് ചൊല്ലി മുഴുവൻ കുട്ടിയെ ഞാൻ സമ്മതിക്കില്ല അതിഥിയെ പട്ടിണി നാമജപം കുട്ടിയെ എന്നാ ഞാനൊരു സത്യം പറയട്ടെ പറയുന്ന വേഗം എനിക്ക് വിശക്കണു അമ്മ പ്രസാദം കൊണ്ടുവന്നിട്ടില്ല എനിക്ക് പ്രാന്ത് പിടിക്കുന്നു ഒന്നും മിക്കടാ എന്റെ കുട്ടിയെ എന്നാൽ നമുക്ക് അമ്പലത്തിലേക്ക് തന്നെ പോയാലോ അവിടെ തന്നെ ചാപ്പാടി നേരം കളയണ്ട അതൊക്കെ രണ്ടാം കുട്ടിയെ ഇപ്പൊ കൊണ്ടിരും ഇത്രയും കൂടി ക്ഷോ ഓ കഷ്ടം തന്നെ വരൂല്ലോ അല്ലേ വരും കുട്ടിയെ വരണ്ടന്താ എനിക്ക് ഈ പടച്ചോറന്നു തന്നെ ആരാ നല്ല പാകത്തിൽ വറ്റിച്ചു വേവിച്ചെടുത്ത തവളക്കണ്ണന്റെ ചോറ് അത് പാകത്തിൽ പൊളിച്ച ഓരോ ചേർത്ത് ഹാ ഒരിത്തിരി കടുമാങ്ങാതെ തൊട്ട് നോക്കി ഹാ ചട്ടാ ചോറിപ്പ വരൂലോല്ലേ വരും കൂട്ടിയെ ആ അതാ വന്നുല്ലോ അമ്മു അമ്മു വരൂ വേഗം വരൂ ഇതെന്താ ഉരുളി ഇലപ്പൊതി കുട്ടിയോട് കൊഞ്ചാനും കിണുങ്ങാനും നിൽക്കാണ്ട് അതൊക്കെ ഇറക്കി വെക്കാൻ പടച്ചോറിന്റെ ഉള്ളി ഞാൻ ഇറക്കി വെക്കാം എന്നാ അമ്മ പോക്കോളൂ കുട്ടിയെ ഞാനൊന്ന് തലചി കീട്ട് വരാം ചങ്കോട്ടാ ഒക്കെ വിളമ്പി വെക്ക് ഞാൻ ഇതെത്തിപ്പോയി ഓ അപ്പളയ്ക്ക അവന്റെ തലജീന്നലെ വേഗം വാ പടച്ചോറന്ന് കേൾക്കുമ്പോ എനിക്ക് രോമാഞ്ചോ ഉണ്ടാകുന്നു രോമാഞ്ചോ ഏതെങ്കിലും കമ്പനിയുടെ ഏജന്റാന്നീയ വേഗം വാ ഞാൻ എത്തി ആ ചങ്കോട്ട് തുടങ്ങിയോ അപ്പം ഇത് പായസം തിന്നോ അപ്പം തിന്നോ നല്ല നറുമയിലുണ്ടാക്കിയ അപ്പാ മധുരം കഴിച്ച ഉണ്ണാൻ പറ്റില്ല ചെറിയ പ്രസാദം വേണ്ടാന്ന് പറഞ്ഞാ ശിക്ഷ കെട്ടും കുട്ടിയെ തിന്നടാ വേണ്ട ചങ്കുട്ടം കഴിച്ചോളൂ വേൻ തിന്നോ ഇല്ല ചപ്പ കഴിയും വേണ്ട ചങ്കോട്ടം തിന്നോളൂന്നേ അപ്പങ്ങോട്ട് കഴിഞ്ഞു കിട്ടി പായസം കഴിച്ചോ വേണ്ട ചങ്കുവേട്ടാ എങ്ങനെ പറയില്ല കുട്ടി മധുരം പറ്റില്ല അതുകൊണ്ടാ ചെങ്കോട്ടാ ഓ ഇപ്പൊത്തെ കുട്ടിയുള്ളൊരു സ്ഥിതി എരിവും പറ്റില്ല മധുരവും പറ്റില്ല ആയി ആയി കഴിച്ചോളാ ആരൻ കുട്ടിയെ നിങ്ങൾ നിങ്ങള് പായസം കുടിച്ചും വച്ചിച്ച് കളഞ്ഞല്ലോ ഇതെങ്കട്ടാ ഒരു വിധത്തില് അതും കഴിഞ്ഞു എന്നാലും നിങ്ങള് ഭയങ്കരം തന്നെ അതൊണ്ടതാ കുട്ടി അങ്ങനെ പതിനഞ്ചപ്പം ഒരു കുടം പായസം ഓ ഇതിനു മുകളിൽ എങ്ങനെയാണ് പടച്ചോറ് ചെല്ലുക പടച്ചോറ് ആളെയല്ലേ നാളെയോ അപ്പൊ ഇന്നത്തെ ചോറ് നാളേക്ക് സൂക്ഷിച്ചു വെക്കോ ചങ്കേട്ട ഇന്നത്തെ ചോറോ അതെ ഇന്നത്തെ അത്താഴത്തിനുള്ള ചോറ് നീ എന്താ ഈ പറയണ എന്റെ നാരൻ കുട്ടിയെ നാക്ക് വെള്ളം വേണം വേണ്ട എന്താ അല്ല ഞാൻ അപ്പൊ കുടിക്കാൻ പോകണേ കുടിച്ചോളൂ ഈ വെള്ളം കഴിഞ്ഞാ പിന്നെ നാളെ കോരി കൊടന്നിട്ട് വേണം വേറെ വെള്ളം അല്ല ചങ്കട്ടാ നനക്ക് വേണ്ടാ ഞാൻ പ്രശ്നമില്ല ഞാൻ കുടിക്കാം എന്നാൽ ചങ്കട്ടി അല്ല ചോറുകൾ ചോറോ ആ അത്താഴ് ില്ലാലോ ഐ നീയല്ലേ വേണ്ട അത് പറഞ്ഞു അത് അപ്പും പായസല്ലേ ആ അതെന്നെത്താഴോ ചങ്കുവേട്ട തങ്കി തറക്കണ വർത്താനം പറയരുത് എനിക്ക് രാത്രി വേറൊന്നും പതുവില്ല എന്നായിരുന്നു ചങ്കുവേട്ട ചങ്കുവേട്ട ഇത് ചതിയാണ് കൊല എന്ത് ചതി ഒരു ചതിയില്ല ഞാനല്ലേ നേരത്തെ പറഞ്ഞത് ഒക്കെ നല്ലോണം കഴിച്ചോളാൻ അപ്പൊ അതിനെ പറ്റില്ല എരിവ് പറ്റില്ലാന്ന് പറഞ്ഞു മുണ്ടാട്ടിരുന്നു ദേ ഞാനിതിന് പകരം വീട്ടും എന്റെ കൊക്കില് ജീവൻ ഉണ്ടെങ്കി ഞാൻ വീട്ടും ഓ അതൊക്കെ പിന്നെ നോക്കാം കുട്ടിയെ ഇപ്പൊ കിറന്നു ഉറങ്ങാൻ നോക്ക് അതോ ഇനിയിപ്പൊ നടക്കോ ഉറക്കോ വേണ്ടോ പ്രിയ ശ്രോതാക്കളെ ശങ്കരമേനോൻ എന്ന ചങ്കോട്ടന്റെ കഥ ഇവിടെ അവസാനിക്കുന്നില്ല പിന്നീട് ഒരിക്കൽ പ്രതികാരം വീട്ടാനുള്ള സന്ദർഭം ഒരുക്കി പൊടുന്നനെ ഒരു ദിവസം പാലക്കാട്ട് വെച്ച് അദ്ദേഹം എന്റെ കൈയിൽ വന്നു കുടുങ്ങി ആ ചങ്കോട്ടനും എത്ര കാലായി കണ്ടിട്ട് എന്താണകുട്ടിയെ നീ ഒന്ന് തടിച്ചു ചങ്കോട്ടനും ഒന്ന് മിനുങ്ങിയിരിക്കുന്നു ഇനിയൊക്കെ എന്ത് മിനുങ്ങാൻ കുഴി കണ്ട അതിലേക്ക് വേണം പ്രായ ഇല്ലേ ഇന്ന് ചങ്കേട്ടൻ എന്റെ അതിഥി വരൂ നമുക്ക് വീട്ടിൽ പോവാം അയ്യോ വേണ്ട കുട്ടിയെ പിന്നോ ഒരിക്കലാവാം അത് പറഞ്ഞാ പറ്റില്ല നിങ്ങളെ ഞാൻ വിടില്ല വന്നേ തീരൂ ഇവിടെ ഇരിക്കൂ ഞാൻ പണിക്കാരനോട് പറഞ്ഞിട്ട് വരാം അത്താഴം കാലാക്കണല്ലോ ഓഹ് അതൊന്നും വേണ്ട കുട്ടിയെ ഏ അത് പറഞ്ഞാ പറ്റില്ല ഞാൻ ഇപ്പൊ വരാം കുമാര ആ കുമാര നമ്മൾ ഇന്ന് വെച്ച ചോറെല്ലാം നീ മാറ്റിവെച്ചേക്കും രാത്രി ആയിരിക്കുന്നയാളെ ഉറക്കി കഴിഞ്ഞ് നമുക്ക് കഴിക്കാം അയ്യോ അതെന്തിനാ സാറെ ചോർത്തുകയും അയാളെ പട്ടിടിക്കിടാൻ തന്നെയാണ് മനസ്സിലായോ ഇല്ല സാറേ പ്രതികാരം കുമാര പ്രതികാരം നീ ഇത്ര അറിഞ്ഞ മതി ആ ചങ്കേട്ടാ വരും അത്താളം കഴിക്കാം കൈ കഴുകു കഴുകണോട്ടിയെ വേണം ഇനി ടേബിളിൽ ആ ഇരിക്കേ കുമാര എന്താ സാർ അത്താഴം റെഡിയല്ലേ അത് എന്നാ കൊണ്ടുവരൂ ഇതാ ഇതാ സാർ ഇതെന്താ ചുക്കൊള്ളോ കുട്ടിയെ അതേ ചങ്കേട്ടാ ഇവിടെ എനിക്കിതാണ് അത്താഴം കുടിക്കിൻ ചുക്കൊള്ളം കുടിക്കിൻ കുടിക്കിൻ കുടിക്കിൻ അല്ലെങ്കിലും സ്ഥിരമായിട്ട് നിക്ക് തന്നെ കുട്ടിയെ അത്താഴം നീ ചുരുക്കിയൊന്നും വേണ്ട കൊണ്ടാ ഒരു ഗ്ലാസ് ഇത് കുടിച്ചാ ചങ്കുവേട്ടന്ന് ഉറങ്ങാം പായ വിരിച്ചിട്ടുണ്ട് ഇല്ലേ കുമാര ഊ സർ ചങ്കുവേട്ടൻ ഉറങ്ങിക്കോളൂ ഞങ്ങൾക്ക് ഇവിടെ വേറെ കുറച്ച് പണിയുണ്ട് അല്ലേ കുമാര സർ അതിന് എനിക്ക് ഉറക്കല്ല രാവിലെ വരെ നിങ്ങളുടെ മുമ്പിൽ ഇരുന്നിട്ട് ഞാൻ അങ്ങനെ ഉറക്കം കഥാപാത്രങ്ങളും പങ്കെടുത്തവരും വി കെ എൻ ഡൽവി പീറ്റർ ശങ്കരമേനോ വി കെ കെ രമേഷ് പീറ്റർ കണ്ടക്ടർ പ്രേംപ്രകാശ് നൂയിസ് പൊളിച്ചെഴുത്തേ രമേഷ് സംവിധാനം ഉമാൻ